ഫിർആൌന്റെ ആളുകളുടെയും അവർക്ക് മുൻപുള്ളവരുടെയും രീതി പോലെയാണത് അവർ തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു അതിനാൽ അവരുടെ പാപങ്ങൾ കാരണം നാം അവരെ നശിപ്പിച്ചു ഫിർആൌന്റെ ആളുകളെ നാം മുക്കിക്കളഞ്ഞു അവരെല്ലാവരും അക്രമികളായിരുന്നു